പണ്ഡിതന്മാര് ഭാഷകാരം പറയുന്നതനുസരിച്ച് അധ്യാസം തന്നെയാണ് അവിദ്യ അവിദ്യ വേറെ അധ്യാസം ഭാഷത്തിൽ ഇത്രേ പറയുന്നത് അധ്യാസം തന്നെ പക്ഷെ ഭാമധികാരം പറയുന്നത് പൂർവപൂർവ്യാസം ഉത്തരോത്തര അധ്യാസത്തിന് കാരണമാണ് അധ്യാസത്തിന് സംസ്കാരം ഉണ്ടായി സംസ്കാരത്തിന് വീണ്ടും അധ്യാസം ഉണ്ടാവും അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു ദ്ധ്യാസം തന്നെയാണ് ആവിദ്യ തമേതം യവൻ ലക്ഷണം അധ്യാസം പണ്ഡിതാവിദ്യയിൽ മഞ്ഞിൻ്റെ അങ്ങനെയാണ് പണ്ഡിതന്മാർ ആവിദ്യ എന്ന് പറയുന്നത് തദ്വിവേകയൻ അതിൽ നിന്ന് വേർതിരിച്ച് അവിദ്യയിൽ നിന്നു പശു സ്വരൂപ അവതാരണം വിദ്യ ആവും പശു സ്വരൂപനിശ്ചയമാണ് വിദ്യ ആണ് പറഞ്ഞത് അഞ്ഞാനോട് വിശദീകരിച്ചത് അവിടെ പൂർവക്ഷം വരുന്നു സാധേത കാമതി അതിനിരൂഢ നിബിഡ വാസന അനുവിദ്യ അവിദ്യ വിദ്യയാ അപബാധിത അഭി സ്വവാസനാവശ പുനരുഭവിഷ്യത്തി പ്രവർത്തയിഷ്യതിച്ചനാധികാരി സോചിതം വിത്യഹ ഇവിടെ ഒരു പൂർവം പറയണം അതിനിരൂഢനിബിഠന പാസന എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളതാണെന്ന് കാണിക്കാനാണ് നിരൂഢനിബിഡം എന്ന് പറയുന്നത് എളുപ്പം നശിപ്പിക്കാൻ പറ്റുകയല്ല ആ വാസന അനുവിദ്യ കൂടി വിദ്യയെ അപബാധിത വിദ്യകൊണ്ട് അത് ബാധിക്കപ്പെട്ടു ചോറ വാസന വളരെ ദൃഢമാണ് ആ വാസനയോടുകൂടിയിരിക്കുന്നതാണ് ആ വിദ്യ ആവിദ്യ വിദ്യ കൊണ്ട് ബാധിക്കപ്പെട്ടാലും സ്വവാസനാവശാ സ്വവാസന അവിദ്യയുടെ വാസന വിദ്യയുടെ വാസന ഉണ്ടല്ലോ എന്നു ആവാസന കൊണ്ട് പുനർഉദ്ഭവിഷ്യവിദ്യ വീണ്ടും ഉണ്ടാവും പൂർവക്ഷി പറയുന്നത് അപ്പൊ ഭക്ഷ്യകാരം പറഞ്ഞു ന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത് ഇവിടെ ഭാവനികാരം കൂട്ടിച്ചേർക്കുകയാണ് അധ്യാസമാണ് അവിദ്യ എന്ന് പറയുമ്പോഴും ആ വിദ്യ വാസനയോടുകൂടിയതാണ് പൂർവ ജന്മങ്ങളുടെ വാസനെ വിദ്യ നശിപ്പിച്ചാലും വാസനയുണ്ടല്ലോ അവിടെ വാസന കൊണ്ട് വീണ്ടും അവിദ്യ ഉണ്ടാവും ാണ് വാസനാവശാദ് പുനർ ഉദ്ഭവിഷ്യത് ഇണ്ടാവും പ്രവർത്തിച്ചമായദ്യ എന്ത് ചെയ്യുന്നു ഉചിതമായിട്ടുള്ള വാസന തുടങ്ങിയ കാര്യങ്ങളെ ഉണ്ടാക്കും വിദ്യയിലുണ്ട് അപ്പോ അതിനെ ബാധിച്ചാലും അവിദ്യ കാര്യമായ വാസന അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ വാസന വീണ്ടും അവിദ്യ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് പ്രവർത്തനിഷേധിച്ച വാസനാധികാരി സോചിത്വം വാസന തുടങ്ങിയ കാര്യങ്ങൾ അവിദ്യ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും എന്നുവെച്ചാൽ അവിദ്യ പോകത്തില്ലെന്നർത്ഥം വാസന എന്ന് പറയുന്ന അവിദ്യയുടെ കാര്യമാണ് അതവിടെ ഇരിക്കുന്നത് കൊണ്ട് വീണ്ടും അത് വാസനയുണ്ടാക്കും അപ്പൊ അവിദ്യ വാസന വീണ്ടും തുടരും എന്ന് മോക്ഷമുണ്ടാ ഒരു ഒന്നർത്ഥം വിദ്യ കൊണ്ട് മോക്ഷമുണ്ടാകും അതൊരു പൂർവക്ഷവും ഇതാണ് പറയുന്നത് ഭസ്നാധികാരി സൂചിതം അതിന് സമാനമാണ് ഭാഷത്തിൽ പറയുന്നത് തത്രയും സതി ഏവം ഭൂതവസ്തു തത്വവധാരണേ സതി ഭാഷ പറഞ്ഞാൽ അത്രയും ശരിയാണ് വ്യാഖ്യാനിക്കുന്നു വസ്തുതത്വനിശ്ചയത്തെ ഭാമികാരം പറയും ദീർഘകാല നൈരന്തി സത്കാരൂമ യോഗത്തിൽ പറയുന്ന ദ്രുതഭൂമിയായിട്ടാണ് ഇനി വ്യാഖ്യാനിക്കുന്നത് നിരന്തരം ധ്യാനിച്ച് ധ്യാനിച്ചുണ്ടാവുന്ന അഖണ്ഡാകാര വൃത്തി എന്ന് പറയും അഖണ്ഡം എന്ന് വെച്ചാൽ അഖണ്ഡാകാരവൃത്തി എന്ന് വെച്ചാൽ വിഷയമാക്കുന്ന വൃത്തി ചരമവൃത്തി എന്നും പറയും അങ്ങനെയുള്ള ചരമവൃത്തി അത് ആണ് സമാധി അതാണ് വിദ്യ എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ് വിദ്യോമദിക്കാറിന്റെ അഭിപ്രായം ഇനി അങ്ങനെ വ്യാഖ്യാനിക്കും അപ്പോ അത് പറയും എങ്ങനെയാണോ അവിദ്യ എന്ന് ഈ ആത്മതത്വത്തെ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിലും ആത്മാവ് ജ്ഞാനസ്വരൂപമാണെങ്കിലും അത് ജ്ഞാനസ്വരൂപമാണ് പക്ഷെ ഈ അവിദ്യ അതുകൊണ്ട് പറയുന്നു സൂര്യന്റെ പ്രകാശം എല്ലാത്തിനെയും പ്രകാശിപ്പിക്കും അത് പഞ്ഞിയും പുല്ലിനിയൊക്കെ പ്രകാശിപ്പിക്കും സൂര്യപ്രകാശം പക്ഷെ എപ്പോഴാണോ സൂര്യപ്രകാശം സൂര്യകാന്ത മണിയിൽ പതിക്കുന്നത് എന്നു ലെൻസ് പതിച്ചു കഴിഞ്ഞാൽ അതെന്ത് നേരെ പോയിട്ട് പുല്ലിനിയും യൊക്കെ ദഹിപ്പിക്കും സൂര്യപ്രകാശം എന്ന് പറയുന്നത് പഞ്ഞിയെ പ്രകാശിപ്പിക്കുന്നതാണ് അതിൽ വീണെന്ന് വിചാരിച്ച് പഞ്ഞി കരിയത്തില്ല പക്ഷെ സൂര്യകാന്ത മണിയും കൂടെ അത് കടന്നുപോയാൽ പഞ്ഞിയെ ദഹിപ്പിക്കുക അതുപോലെ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയെ ബ്രഹ്മസ്വരൂപ ഞാനും ബ്രഹ്മജ്ഞാനസ്വരൂപമാണ് അതാണ് ഇത് നശിപ്പിക്കില്ല പക്ഷേ അഖണ്ഡാകാര വൃത്തി ഉണ്ടായിക്കഴിയുമ്പം നിരന്തരമായി ധ്യാനിച്ച് സമാധിയിലൂടെ അങ്ങനെ ഒരു വൃത്തി ഉണ്ടായി എടുത്തുകഴിഞ്ഞാൽ ആ വൃത്തിയിലുള്ള ഞാനം വൃത്തിജ്ഞാനം എന്ന് പറയുന്ന അതാണ് ആ വൃത്തി അവച്ഛിന്നൊക്കെ പറയും അത് അജ്ഞാനത്തെ പൂർണ്ണമായി ഇതാണ് ഭാഷകാരം പറയാത്ത ഭാവതികാരുടെ പ്രക്രിയ അതാണ് വസ്തുസ്വരൂപാവതാരണം വിദ്യാ അത്ര അർത്ഥമാണ് അതിന ചരമതത്വസാക്ഷാത്കാരം അഖണ്ഡാകാര വൃത്തി എന്ന് ഞാൻ പറയും അപ്പോ ആ വൃത്തിയിൽ അഭിവ്യക്തമാകുന്ന ചൈതന്യം അഖണ്ഡാകാര വൃത്തിയിലൊരു ചൈതന്യം ഉണ്ടാവും ആ ചൈതന്യമാണ് അതിൽ പിന്നെ പല തർക്കങ്ങളുണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് ആ ചൈതന്യമാണോ വൃത്തിയാണോ ചെറു പറയും ശുദ്ധസാത്വികമായ വൃത്തി തന്നെ അജ്ഞാനത്തെ നിശിപ്പിക്കുമെന്ന് പറയും ചെറുതെന്ന് പറയും അങ്ങനെയല്ല ആ ശുദ്ധ സാത്വിക വൃത്തിയുള്ള ജ്ഞാനം വൃത്തി അഭിവ്യക്ത ചൈതന്യമാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ അത്ര വ്യത്യാസം ഉണ്ട് എന്തായാലും തത്രം സതിയധ്യസ തോഷണ ഗുണന വണുമാത്രേണവി സമ്പദ്ധ്യത്തെ പറയുന്നത് എങ്ങനെയാണോ രജ്ജുവിൽ അധ്യസിച്ചിരിക്കുന്ന സർപ്പം ആ സർപ്പം എന്ന് പറയുന്നത് രജ്ജുവിനെ സ്പർശിക്കുന്നേയില്ല അല്ലെങ്കിൽ നല്ല ഉദാഹരണം പറയും മരുമരീചികയുടെ ജലം മരുമരീചികയെ കുതിർക്കുന്നില്ല അതുപോലെ അതുപോലെ ബ്രഹ്മത്തിൽ അധ്യസിച്ചിരിക്കുകയാണ് ഈ ജഗത്ത് ജോത്തിന്റെ ഗുണമോ ദോഷമോ ഒന്നും ബ്രഹ്മത്തെ സ്പർശിക്കുന്നില്ല കാരണം അത് വ്യത്യസ്തമായതാണ് അതാണ് പറഞ്ഞത് അത്രയും സ്ഥിതി തത്വ അവധാരണ എത്രയേത് തത്ോഷണ ഗുണനുമാത്രേണമി സമ്പത്തെ അന്ധകർണാദിദോഷേണ അന്ധകർണ മനസ് ശരീരം ഇവയുടെ ഒക്കെ ദോഷം എന്താണ് അശ്വനായാദിനാ വിശപ്പ് പി ദോഷങ്ങൾ കൊണ്ടൊന്നും ചിതാത്മാത്മാന സമ്പത്തികെ ചിതാത്മാവിനുമായിട്ടൊരു സംബന്ധമില്ല ഈ ദോഷങ്ങൾ കൊണ്ടും ണത്തിന്റെ ദോഷം കൊണ്ടോ ശരീരദോഷം കൊണ്ടോ ചിതാത്മാവിനൊന്നും സംഭവിച്ചില്ല ചിതാത്മാവിന സംഭവിച്ചത് അതുപോലെ ചിതാത്മനോ ഗുണേന ചിതാത്മാവിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയും ചിതാത്മാവിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ചിതാത്മാവിൽ വാസ്തവത്തിന് ഗുണമൊന്നുമില്ല ചൈതന്യം ആനന്ദം ഇതെല്ലാം ചിതാത്മാവിൽ ഗുണമായി കൽപ്പിച്ചിരിക്കുകയാണ് അസവത് ഗുണമല്ല എന്നിട്ട് അതിനെല്ലാം ചിതാത്മാവിന്റെ ഗുണമായി കൽപ്പിച്ചിരിക്കുന്നു അതാണ് ചിതാത്മാവിന്റെ ഗുണം എന്ന് പറയാൻ കാരണം അല്ലാതെ തർക്കീയന്മാരും മറ്റും പറയുന്നതുപോലെ ആത്മാവിന് ഇവിടെ ഗുണത്തെ സ്വീകരിക്കുന്നുണ്ട് സുഖം ഗുണമായി സ്വീകരിക്കുന്നുണ്ട് അതാണ് ചിതാത്മന ഗുണനെ ചിതാത്മാവിന് കല്പിതമായിരിക്കുന്ന ഗുണം ചിതാത്മാവിന്റെ കൽപ്പിത ഗുണേന് ചൈതന്യാനന്ദാദിനാ ചൈതന്യാനന്ദാദികൾ കൊണ്ട് അന്ധക്കരണാദിന സംബന്ധിത അതുകൊണ്ട് അന്ധകരണാദിക്ക് സംബന്ധമുണ്ട് അപ്പൊ അന്ധകരണത്തിന്റെ ധർമ്മങ്ങളൊന്നും ചിതാത്മാവിൻ സംബന്ധിക്കുന്നില്ല ചിതാത്മാവിന്റെ ധർമ്മങ്ങളൊന്നും കൽതധർമ്മങ്ങളൊന്നും ചിതാത്മാവിൽ കൽപ്പിക്കപ്പെട്ട ധർമ്മങ്ങളൊന്നും അന്ധക്കരണത്തെയും സംബന്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ ചിതാത്മാവിൽ കൽപ്പിതമായ ഗുണങ്ങൾ അത് ചിതാത്മാവിനാണ് അന്ധക്കരണത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അന്ധകരണമേ കൽപ്പിതമാണ് ആ ഗുണങ്ങൾ അന്ധകരണ ഇപ്പം ഇവിടെ പരസ്പരം ഗുണവിനിമയം ഗുണം കൈമാറ്റം ചെയ്യുന്നുണ്ട് അധ്യാസം സംഭവിക്കുന്നുണ്ടെങ്കിലും സം എന്ന് പറയുന്നതന്നെ എന്താണ് അവിദ്യയാണ് അത് തന്നെ ഒരു അവാസ്തവമായ കല്പനയാണ് അതുകൊണ്ടുകൂടെ പരസ്പരം മിനിമയൊന്നും നടക്കുന്നില്ല ചിതാത്മാവിന്റെ ഗുണങ്ങൾ അന്ധകരണത്തിൽ പോകുന്നില്ല അന്ധകരണത്തിൻ്റെ ഗുണങ്ങൾ ചിതാത്മാവിന് പോകുന്നില്ല അതാണ് അപ്പറേം ആത്മാവിന്റെ തത്വം എന്താണ് എന്ന് മനസിലായി കഴിഞ്ഞാൽ അതിന് മറ്റ് അന്ധക്കരണവുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധമില്ല എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാവും ആത്മാവിന് അന്ധക്കരണ ദോഷങ്ങളൊന്നും ഇല്ല ആത്മാവിന്റെ ചൈതന്യം തുടങ്ങിയ ഗുണങ്ങൾ അന്ധക്കരണത്തിലില്ല എത്രയേത് അധ്യാസ തത്കൃതേന ദോഷേന ഗുണേന ദോഷമെന്ന് പറയുമ്പോൾ അശിനാപിപ്പാസ തുടങ്ങിയ അന്ധക്കരണ ദോഷങ്ങൾ ഗുണം എന്നു പറഞ്ഞാൽ ചിതാത്മാവിൻ്റെ ചൈതന്യം ആനന്ദം തുടങ്ങിയ ഗുണങ്ങൾ ഇവയുമായിട്ട് അണുമാത്ര വിദേശം പോലും സനസമ്പദ്ധ്യതയെ ആത്മാവിന് സംബന്ധമില്ല നിർഗുണമാണെന്ന് അർത്ഥം ഏതൊക്കെ താല്പര്യം പറയുന്നു സാദൃശോ യൂഢനിബിഡവാസനം അപനയതി പറയുന്നൊരു താല്പര്യം ഇതാണ് തധാരണ അഭ്യാസ ി എന്നതിനോട് അംഗീകരിക്കുന്നു തത്വനിശ്ചയാഭ്യാസം എന്ത് അതിന്റെ സ്വഭാവം തന്നെ എന്താണ് മിഥ്യാപ്രത്യം അപനേരി മിഥ്യ ഞാനിത് ഇല്ലാതാക്കും തത്വ തത്വജ്ഞാനം ഉണ്ടാകുമ്പോൾ ആത്മാവിനുള്ള മിഥ്യാജ്ഞാനം തത്വനിശ്ചയ അഭ്യാസത്തിന്റെ സ്വഭാവമാണ് ഇവിടെ അഭ്യാസം എന്നൊക്കെ പറയുന്നത് ഭാമധികാരം പറയുന്നതനുസരിച്ചാണ് ദീർഘാല നൈതന്തര്യതൃ സത്കാരാശയം ഈ തത്വജ്ഞാനത്തിന്റെ ശ്രവണമണ്ണ നിധ്യാസം ദീർഘകാലത്തെ ജന്മങ്ങൾ കൊണ്ടുള്ള അഭ്യാസം ആ അഭ്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ജ്ഞാനമാണ് ഈ അവിദ്യ നശിപ്പിക്കുന്നത് തത്വ അവതാരണ അഭ്യാസ സ്ഥിതി സ്വഭാവ സ താദൃശോയാദിമി നിരൂഢനിബിട വാസനമഭി അനാദിയായിക്കോട്ടെ നിരൂഢനിമിടമായ വാസന ആയിക്കോട്ടെ ആ മിക അനാദിയായ നിരൂഢ നിബിടവാസനയോടു കൂടിയതായ മിഥ്യാപ്രത്യം മിഥ്യാപ്രത്യത്തെ അഭിനയില്ലാതാക്കുന്നു അതാണ് തത്വജ്ഞാനത്തിന്റെ സ്വഭാവമാണ് കാരണം ഇത് അനാദിയാണെന്നാണ് ആദികാരം പറഞ്ഞ വിദ്യ അത് അനാദി വാസനയോടുകൂടിയാണെന്നാണ് പറഞ്ഞത് അപ്പം അനാദി ആയിക്കോളട്ടെ അനാദി വാസനയോടുകൂടി ഇതായിക്കൊള്ളട്ടെ തത്വജ്ഞാന വിദ്യയും അതിനെ നശിപ്പിക്കും വിദ്യാപ്രത്യത്തെ ഇല്ലാതാക്കും വിദ്യാപ്രത്യം അതിനവിടെ ഉദ്ദേശിക്കുന്നത് ദേഹാത്മബുദ്ധിയും മറ്റും നിരന്തരമായ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ധ്യാനം കൊണ്ട് ദേഹാധിപുദ്ധിയും പറ്റി ഇല്ലാതാവും തിരിച്ച് സംഭവിക്കില്ല ഈ നിരൂഢ നിങ്ങളുടെ വാസന ഉള്ള അവിദ്യ കൊണ്ട് വിദ്യ നശിക്ക മറിച്ച് വിദ്യകൊണ്ട് അവിദ്യ നശിക്കും എന്നാണ് ഇവിടെ പറയുന്നത് യഥാഹുർബാഹ്യാവി ബാഹ്യന്മാരും പറയും തത്വപക്ഷപാതോ ഹി സ്വഭാവോ ധിയാം ധിയെന്ന് വെച്ചാൽ ബുദ്ധിയുടെ സ്വഭാവം എന്താണ് താതി താധിയാണ് എപ്പോഴും ബുദ്ധി തത്വത്തിനോട് ചേർന്നിരിക്കുന്ന അല്ലാതെ ഭ്രാന്തിയോട് അവിദ്യയോട് വാസന യുക്തമായ അവദ്യയോട് ചേർന്ന് അല്ല അതാണ് തത്ത്വപക്ഷഭാവം യഥാ ബാഹ്യാതി ആഹോ ബാഹ്യന്മാരും പറയും ബാഹ്യന്മാരെന്ന് പറഞ്ഞാരാണ് നമ്മുടെ കൂട്ടത്തി ചേരാത്തത് നമ്മുടെ കൂട്ടമെന്ന് വെച്ചാൽ ന്മാർ ബാഹ്യന്മാരെന്ന് പറയുന്നൂടെ ബൗദ്ധന്മാരെ ധർമ്മകീർത്തി പ്രമാണ വാർത്തികമെന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ ധർമ്മകീർത്തിയുടെ ഒരു ശ്ലോകത്തോടെ കോട്ടിയാണ് ഞാൻ പോലും പറയുന്നുണ്ട് യഥാർത്ഥിനെ അനുകൂലിക്കുന്നതാണ് ബുദ്ധിയുടെ സ്വഭാവം ആണ് തത്വപക്ഷപാതമാണ് എന്ന് പറയുന്നത്